അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ ഇതേപോലെ ഒരു കുടിയൻ അയാൾ രാമകൃഷ്ണദേവനെ വന്നപ്പോ ചോദിച്ചു ഏത് ചരക്കാണ് ഇന്ത്യനോ വിദേശിയോ രാമകൃഷ്ണദേവൻ പറഞ്ഞു തനീ നാടനാണ് ഒരിക്കൽ കുടിച്ചാമതി ജീവിതം മുഴുവൻ ലഹരി ഉണ്ടാവുന്നു രണ്ടാമത് കുടിക്കണ്ട അങ്ങനെയുള്ള ഗിരീഷ് രാമകൃഷ്ണപരമഹംസരോട് പറഞ്ഞു തന്റെ ജീവിതത്തിനെ കുറിച്ച് ഞാൻ എത്ര പാപി എന്തൊക്കെ ചെയ്തു എങ്ങനെ ജീവിച്ചു ദുരാചാരിയായിട്ട് ജീവിച്ചു എനിക്ക് ഗതി എനിക്ക് വിമുക്തിയും ഉണ്ടാവോ എന്നെ രക്ഷിക്കണം എനിക്ക് ഏതെങ്കിലും വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞ് കരഞ്ഞു അപ്പൊ രാമകൃഷ്ണദേവൻ ഗിരീഷ് ചന്ദ്രഘോഷിനോട് ജപം ചെയ്യാൻ പറഞ്ഞു രാവിലെയും വൈകിട്ടും രാത്രിയുമൊക്കെ ജപം ചെയ്യും ഞാൻ മന്ത്രോപദേശം സാധാരണ ആളുകളാണെങ്കിൽ അത് സ്വീകരിക്കും പക്ഷെ ഇയാൾ അങ്ങനത്തെ കൂട്ടത്ത് പെട്ട ആളല്ല ഇയാൾ പറഞ്ഞു മന്ത്രമൊക്കെ നിങ്ങൾ തന്നെ വെച്ചോള നിങ്ങളുടെ അടുത്തുനിന്ന് മന്ത്രം വാങ്ങി ഞാൻ ജപിച്ച് ഞാൻ ശുദ്ധനായി ഇനി എപ്പോ ശുദ്ധമാവാൻ എത്ര ജന്മങ്ങളാവുമോ ഇനി അതൊക്കെ എനിക്ക് ആലോചിക്കാനേ വയ്യ ഒന്നാമത് ഞാൻ ജപിക്കണമെങ്കിൽ ഞാൻ എവിടെ ഉണ്ടാവും ആരുടെ എന്തൊക്കെ ദുരാചാരത്തോടെ ജീവിക്കുമെന്ന് പറയാൻ വയ്യ എന്റെ കയ്യിൽ നിങ്ങൾ സ്റ്റിയറിംഗ് തന്നാൽ ഓടിക്കാൻ അറിയാത്ത ആളുടെ കയ്യിൽ വണ്ടി സ്റ്റിയറിംഗ് കൊടുത്തിരുത്തിയാൽ കേസാവും വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് മന്ത്രം ജപിക്കാനൊന്നും എനിക്ക് പറ്റില്ല അപ്പോൾ ഒരു നിവൃത്തി എന്തു പറഞ്ഞാലും ഇയാൾ ചെയ്യില്ല എന്ന് പറഞ്ഞു കുടിക്കരുത് പറഞ്ഞാൽ അതും എനിക്ക് പറ്റില്ല നമ്മളൊക്കെ നമ്മളുടെ നേച്ചർ അറിയാതെ നമ്മൾ വാഗ്ദാനം ചെയ്ത ചെയ്യാം അങ്ങനെ ചെയ്യാം പിന്നീടാണ് നമ്മളുടെ നേച്ചർ നമ്മളെ കമിഴ്ത്ത അദ്ദേഹത്തിന്റെ സ്വഭാവം അദ്ദേഹത്തിന്റെ നല്ലവണ്ണം അറിയാം അദ്ദേഹം ഒന്നും എനിക്ക് വാക്കുതരാൻ പറ്റില്ല അപ്പോൾ അവസാനം രാമകൃഷ്ണ പരമംശ്വർ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം പവർ ഓഫ് അറ്റോണി എഴുതി എനിക്ക് തരാം ഓസിയത്തെഴുതി തരിക അങ്ങട് തനിക്ക് വേണ്ടി ഞാൻ ചെയ്തോളാം ആ നല്ല ഗുരു ഇങ്ങനെ ഒരു ഗുരുവല്ലേ നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരാളെയാണ് ഞാൻ ഇത്രകാലം അന്വേഷിച്ച് നടന്നത് നമ്മളൊന്നും ചെയ്യേണ്ട എല്ലാ ഇൻചാർജ് ഏൽപ്പിച്ചാ മതി തന്നു ഞാൻ എന്നെ അങ്ങക്ക് തന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഗിരീഷ് പറയുന്നത് കുറച്ചു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ ശരിക്കു കുടുങ്ങി കുടിക്കണം എന്ന് പറഞ്ഞു കുപ്പിയെടുത്താൽ അപ്പ അദ്ദേഹത്തിന് ഓർമ്മ വരും എന്റെ ശരീരം എന്റേതല്ലാതായിട്ട് തീർന്നു എന്റെ മനസ്സ് എന്റേതല്ലാതായിട്ട് തീർന്നു ഒരു ദിവസം രാമകൃഷ്ണദേവനോട് ചെന്ന് പറഞ്ഞു എന്റെ മനസ്സ് വളരെ ചഞ്ചലമാണെന്ന് പറഞ്ഞു ശ്രീരാമകൃഷ്ണദേവൻ ചീത്ത പറഞ്ഞു തന്റെ മനസ്സ് നീ എങ്ങനെ പറയും അതെനിക്ക് തന്നതല്ലേ അത് ചഞ്ചലമായിരിക്കണമോ നിശ്ചലമായിട്ടിരിക്കണമോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കാം അപ്പൊ അതിലും സ്വാതന്ത്ര്യമില്ലാതായി സട്ടിൽ പ്ലെയിനിൽ താൻ പിടിച്ചിരിക്കുന്നതിനൊക്കെ ഗുരുവിന് കൊടുക്കേണ്ടി വന്നു തന്റേത് എന്ന് യാതൊന്നുമില്ലാതായിട്ട് തീർന്നു അദ്ദേഹം പരമശുദ്ധനായിട്ട് തീർന്നു പരമശുദ്ധനായി തീർന്നു എന്നുള്ള കൺവിക്ഷൻ ചിദാനന്ദരൂപ ശിവോഹം എന്നുള്ള കൺവിക്ഷൻ അദ്ദേഹത്തിന് വന്നു ന പുണ്യം ന പാപം ന മന്ത്രോ ന തീർത്ഥം ന വേദ ന യജ്ഞ ആ കൺവിക്ഷൻ അദ്ദേഹത്തിന് വന്നു എങ്ങനെ വന്നു എന്ന് വെച്ചോ ഒ ഒ ഒരിക്കൽ ചമാരൊക്കെ കൂടെ ഗംഗയിൽ കുളിക്കണു ഗിരീഷ് ഗംഗയിൽ കുളിക്കാൻ വന്നപ്പോ ഗംഗയിൽ ഇറങ്ങി എന്നിട്ട് പിന്നെ കരക്കി കയറി പിന്നെ എന്തോ ചിന്തിച്ചിട്ട് വീണ്ടും ഗംഗയിൽ ഇറങ്ങി അപ്പൊ അദ്ദേഹത്തിനോട് കൂടെ നിൽക്കുന്ന ഒരാൾ ചോദിച്ചു എന്താ ആദ്യം ഗംഗയിൽ ഇറങ്ങി പിന്നെ കയറി പിന്നെ ഇറങ്ങി അപ്പൊ അദ്ദേഹം പറഞ്ഞു ഗംഗയിൽ കുളിക്കാനിറങ്ങിയപ്പോ എനിക്ക് തോന്നി ഗംഗാസ്നാനം എന്തിനാ പാപമൊക്കെ പോയി ശുദ്ധമാവാനാണ് എന്ന് രാമകൃഷ്ണദേവൻ എന്നെ എടുത്തു കഴിഞ്ഞു അന്ന് തന്നെ എന്റെ പാപമൊക്കെ പോയി കഴിഞ്ഞു പിന്നെ എനിക്കെന്ത് അശുദ്ധി അതുകൊണ്ട് ഗംഗാസ്നാനം വേണ്ട എന്ന് പറഞ്ഞ് കരക്കി കയറിയതാണ് പിന്നെന്തിന് വീണ്ടും ഇറങ്ങി അല്ല എത്രയോ പേര് ഞങ്ങൾ പാപികളാണോ പാപികളാണെന്ന് ധരിച്ച് ഈ ഗംഗയിൽ അവരുടെ പാപമൊക്കെ കഴുകുന്നുണ്ട് അപ്പൊ ഈ ഗംഗയുടെ ആ പാപമൊക്കെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണെന്നാണ് അത്ര കണ്ട് താൻ ശുദ്ധനാണെന്നുള്ള കൺവിക്ഷൻ ുള്ളില് വന്നിരിക്കുന്നു ഗുരുഭക്തി ഒരു ക്ഷണത്തിൽ ഈ ജീവനെ വിമുക്തമാക്കുന്നു ഒരു ക്ഷണത്തിൽ അത്രയധികം കൺവിക്ഷൻ കൺവിക്ഷൻ ഉണ്ടെങ്കിൽ കാര്യം നടക്കും ചിലതൊന്നും കർമ്മം കൊണ്ട് ചെയ്യാൻ പറ്റില്ല ചിലതൊന്നും ധ്യാനം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഒരൊറ്റ കാര്യമേ അവിടെ പറ്റുള്ളൂ അക്സെപ്റ്റൻസ് സത്യത്തിന്റെ വിഷയത്തിൽ അത്രയേ ഉള്ളൂ ഒരു ഭാര്യയും ഭർത്താവും ഒരു സ്ത്രീ പുരുഷൻ അന്നുപേരെ കണ്ടിട്ടില്ലേ അച്ഛനും അമ്മയും വിവാഹം നിശ്ചയിച്ചു വിവാഹ പന്തൽ വെച്ച് പറയുന്നു ഇവൾ നിന്റെ ഭാര്യ ഇത് ഭർത്താവ് വിവാഹം കഴിച്ചു കൊടുത്തു അടുത്ത ദിവസം മുതൽ അങ്ങനെ ഒരു ബന്ധം അച്ഛനെ അമ്മയെക്കാളും വലിയ ബന്ധമായിട്ട് തീരുന്നു ഇത് അഭ്യാസം കൊണ്ടുവന്നതാണോ ഈ ബന്ധം ഇത് അടുത്ത ദിവസം മുതൽ മെഡിറ്റേഷൻ വേണോ അവർക്ക് ഇതെന്റെ ഭാര്യയാണ് ഇതെന്റെ ഭർത്താവാണ് ഞങ്ങൾ ചേർന്നിരിക്കണം വല്ലതും വേണോ അപ്പോൾ ഉടനെ ആള് നമ്മൾക്ക് എന്ത് തോന്നും അതൊരു നാച്ചുറൽ അഫിനിറ്റി ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ തോന്നിയത് അതേപോലെ നമുക്കും ഈശ്വരനും നമുക്കും ആ സത്യത്തിനും നാച്ചുറൽ അഫിനിറ്റി ഉണ്ട് നമ്മൾ ഒന്നാണ് ബൈ മിയർലി അക്സെപ്റ്റിംഗ് ഇറ്റ് വിൽ ഓപ്പറേറ്റ് ഇൻ യു നമ്മൾ അതിന് അക്സെപ്റ്റൻസിനുള്ള പക്വത വേണം അത്രേ ഉള്ളൂ അക്സെപ്റ്റൻസിനുള്ള പക്വത വേണം ചെറിയ കുട്ടികളാവുമ്പോൾ ഈ ബന്ധം എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല അല്ലേ അപ്പൊ കുട്ടികളുടെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല തമാശ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു പെൺ ഒരു കുട്ടി ചോദിച്ചു പെൺകുട്ടികളൊക്കെ അമ്മയിൽ നിന്ന് ജനിക്കണു ആൺകുട്ടികളൊക്കെ അച്ഛനിൽ നിന്ന് ജനിക്കണമെന്ന് പറഞ്ഞു അത്രേം കുട്ടി അപ്പൊ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെയല്ല പെൺകുട്ടികളും ആൺകുട്ടികളും അമ്മയിൽ നിന്നാണ് ജനിക്കുന്നത് അപ്പൊ കുട്ടി അപ്പൊ അച്ഛൻ വേണ്ടാലോ ആ കുട്ടിക്ക് എന്ത് ഇത് അപ്പൊ അവിടെ നാച്ചുറൽ അഫിനിറ്റി ഇല്ലേ അതാണ് ഇമ്മച്ചൂരിറ്റി അത് തന്നെ മെച്യറാവുമ്പോ ഇതൊന്നും ആരും പറഞ്ഞുകൊടുക്കാതെ തന്നെ അക്സെപ്റ്റൻസ് വരുന്നു പൂർണ്ണമായും സ്വീകരിക്കും ഈ കുട്ടി തന്നെ നാളെ വലുതായി വിവാഹം കഴിക്കുമ്പോ പരിശ്രമിച്ച് അഭ്യാസം ചെയ്തിട്ടല്ല ആ റിലേഷൻഷിപ്പ് വരുന്നത് നാച്ചുറലായിട്ട് അതേപോലെ ഇമ്മച്ച്വൽ സ്റ്റേറ്റിൽ ഈ ജീവന് ഈ സത്യം ഒന്നും പിടികിട്ടില്ല അതിന് എത്ര തന്നെ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുമോ മനസ്സിലാവേ ഇന്റലക്ച്വലി എത്ര ഇൻഫർമേഷൻ കൊടുത്താലും ആ കുട്ടിക്ക് പിടികിട്ടില്ല അതേപോലെ തന്നെ ബാലഹ എന്നാണ് ഏതാന്തത്തിലും പറയണത് ബാലന്മാര് എന്നാണ് ബാലന്മാർക്കായി കൊണ്ട് മറ്റു പല ശാസ്ത്രങ്ങളും മറ്റു പലതും പറഞ്ഞു കുട്ടി ചോദിച്ചു ഞാൻ എവിടുന്നാ വന്നത് അമ്മയുടെ വയറ്റെന്ന് വയറ്റിന് മുമ്പ് എവിടെ ഉണ്ടായിരുന്നു നീ ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്നു ഭഗവാൻ ഒരു സമയമായപ്പോ അമ്മയെ അച്ഛനും പോയി ചോദിച്ചപ്പോ കൊടുത്തു ആ എന്നിട്ട് അമ്മയുടെ വയറ്റെന്ന് പുറത്ത് വന്നു കുട്ടിക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും ബാലാനാം ബോധായ ബാലന്മാർക്ക് ചെറിയ കുട്ടികൾക്കറിയാം ബാലൻ എന്നുള്ളത് കൊണ്ട് ഇവിടെ നതു സ്തനന്ധയ പാല് കുടിക്കുന്ന ബാലൻ എന്നല്ല അർത്ഥം ഇമ്മച്ചുവർ ഇന്റലിജൻസുള്ളപ്പോ മറ്റു പലതും പറഞ്ഞുകൊടുത്ത് അവരെ മനസ്സിലാക്കിപ്പിക്കുകയല്ല തൽക്കാലം ചോദ്യം ചോദിക്കാതെ ഇരുത്തുക പക്ഷെ അവർക്ക് സമയമാവുമ്പോ തത്വമസി ഒരേ ഒരു ഉപദേശം ആ ക്ഷണത്തിൽ തന്നെ സത്യത്തിനെ ഗ്രഹിക്കും ഞാൻ ഞാൻ ദേഹമല്ല ഞാൻ മനസ്സോ ബുദ്ധിയോ അല്ല ഞാൻ കർത്താവോ ഭോക്താവോ അല്ല അഖണ്ഡ ബോധസ്വരൂപമായ സത്യമാണ് എല്ലാവരും ഈ ഒരു വസ്തുവേ പറഞ്ഞിട്ടുള്ളൂ ഈ നിർവ്വാഹ്കത്തിൽ എന്തുണ്ടോ അതേ ഉള്ളൂ എല്ലാവരും നമ്മൾ മഹാരാഷ്ട്ര ഭക്തന്മാരുടെ അപങ് പാട്ടുകളും ഒക്കെ അവരുടെയൊക്കെ സൂക്ഷ്മ ദർശനം നോക്കിയാലും ഈ പാട്ടൊക്കെ പാടിയത് ഒരു വശത്ത് പക്ഷെ അവരുടെ ഉള്ളിലുള്ള അനുഭവജ്ഞാനം ഇതാണോ പാടിയതും അനുഭവിച്ചതും സങ്കീർത്തനം ചെയ്തതുമൊക്കെ ഒരു വശത്താണെങ്കിലും സൂക്ഷ്മ മണ്ഡലത്തിൽ അവരുടെ അനുഭൂതി അതല്ലാന്ന് നമുക്ക് ലോകത്തിലത് പ്രചാരത്തിലില്ല ഞാനും വിചാരിച്ചിരുന്നു ഇവരുടെ കഥകളൊക്കെ കേട്ടിട്ട് ഈ കഥ പറയുന്ന ആളുകൾ ആരും ഇവരുടെ മറ്റേ സൈഡ് പറയേയില്ല അതുകൊണ്ട് എനിക്കും കുറച്ച് കൺഫ്യൂഷനുണ്ട് ഇപ്പൊ ഇവിടെ വന്ന് ഏകനാഥി ഭാഗവത്ത് നോക്കാം അതിനു മുമ്പ് തന്നെ കുറച്ച് ഏകനാഥ് സ്വാമിയുടെ ഒക്കെ നോക്കി ഏകനാഥി ഭാഗവതം നോക്കുമ്പോ മുഴുവൻ വേദാന്തം ഈ ബ്രഹ്മവിദ്യ ഓരോ പദത്തിനു പദത്തിനു പേജിനു പേജിന് ഈ ജ്ഞാനം പിന്നെ എന്താ ഇവരൊന്നും ഈ പറയാത്തത് പുറമേക്കാന്ന് വെച്ചാൽ അതാണ് മായ വേറെ ഒന്നും അതാണ് മായ അവരുടെ ബുദ്ധിയിൽ കയറി ആ മായ നിങ്ങൾ ഇത് ഇത് ആളുകൾക്ക് മനസ്സിലാവില്ല എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഇവർ പറയണില്ല ഇത് പുറത്തേക്ക് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവില്ല വിവേകാനന്ദ സ്വാമികൾ ഒരു സ്ഥലത്ത് അപാര കരുണയോടുകൂടെ അദ്ദേഹത്തിന്റെ ശിഷ്യൻ ശരത്ചന്ദ്ര ചക്രവർത്തിയോട് പറയുന്നു ജഗത്ത് മുഴുവൻ ബ്രഹ്മമാണ് നീ ആ സത്യമാണ് ഞാൻ ഈ സത്യമാണ് ആ സത്യത്തിൽ നിന്ന് അന്യമായി മറ്റൊരു വസ്തുവില്ല കഴിയുമെങ്കിൽ ഈ സത്യം നല്ലവണ്ണം തെളിച്ച് അറിഞ്ഞിട്ട് തെരുവിലിറങ്ങി വിളിച്ചു കൂവൂ അറിയണവരറിയട്ടെ ഇല്ലാത്തവർ പോട്ടെ മനസ്സിലാക്കണവര് മനസ്സിലാക്കട്ടെ അല്ലാത്തവർ അതിനുവേണ്ടി കാത്തിരിക്കട്ടെ തെരുവിലിറങ്ങി വിളിച്ചുകൂന്നാണ് അതാണ് കരുണ കാരുണ്യം കാരുണ്യം കൊണ്ട് വിളിച്ചുകൂ അതാണ് ഇവിടെ ശ്രീശങ്കരൻ ഈ ശ്ലോകത്തിലും പറയുന്നത് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം നമ്മളുടെ സ്വസ്വരൂപം ചിദാനന്ദസ്വരൂപമാണ് പൂർണ്ണ ആനന്ദസ്വരൂപമാണ് സത്യ ചിത്ത് ആനന്ദം സച്ചിതാനന്ദ സ്വരൂപമാണ് നിത്യനിരന്തരമാണ് സത്യം എന്നുവെച്ചാൽ ഒരിക്കലും മാറാത്തതെന്നർത്ഥം ശരീരം പരിണമിക്കുന്നു ശരീരം ജനിച്ചു ശരീരം വളർന്നു ശരീരം ക്ഷയിച്ചു ശരീരം മരിച്ചു ശരീരത്തിന് ഈ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട് എന്റെ തന്നെ പഴയ ഫോട്ടോ എടുത്തു നോക്കിയിട്ട് ഞാൻ പറയുന്നു ഇപ്പൊ ഞാൻ തടിച്ചു മെലിഞ്ഞിരുന്നു പക്ഷേ ശരീരം തടിച്ചപ്പോഴും ശരീരം മെലിഞ്ഞപ്പോഴും ഞാൻ ഞാൻ തന്നെയാണ് ഈ ശരീരം ഞാനല്ല ശരീരം മാറിയിരിക്കുന്നു അന്നത്തെ ശരീരമല്ല ഇന്ന് മാറിയിരിക്കുന്നു പക്ഷേ ശരീരം മാറി ഞാൻ മാറിയില്ല അതേ ഞാൻ തന്നെ മനസ്സ് നിരന്തരം മാറിക്കൊണ്ടേയിരിക്കുന്നു ചലിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷെ ഞാൻ മാറുന്നുല്ലേ ഞാൻ ഒരേ ആൾ തന്നെ ജാഗ്രതത്തിൽ ഏത് ഞാനുണ്ടോ ആ ഞാൻ തന്നെയാണ് സ്വപ്നത്തിൽ സ്വപ്നത്തിൽ ഏത് ഞാനുണ്ടോ ആ ഞാൻ തന്നെയാണ് സുഷുപ്തിയിൽ ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഒക്കെ അവസ്ഥ സ്റ്റേറ്റ്സ് ആണ് പക്ഷെ ഞാൻ അവസ്ഥയല്ല ഞാൻ സ്ഥിതിയാണ് സത്താണ് അവസ്ഥകളൊന്നും എന്റെ സ്വരൂപമല്ല അതുകൊണ്ടാണ് ജാഗ്ര അവസ്ഥയുടെ രൂപമായ ശരീരം സ്ഥൂല ശരീരം സ്ഥൂല ശരീരത്തിന് പരിണാമം ഉണ്ട് സൂക്ഷ്മ ശരീരമായ മനസ്സിന് സ്ഥൂല ശരീരമായ ഈ ദേഹം ഈ ദേഹത്തിന്റെ കർമ്മങ്ങളൊക്കെ അനിത്യമാണ് സൂക്ഷ്മശരീരമായ മനസ്സ് മനസ്സിന്റെ ചിന്തകൾ ചിന്തകളും അനിത്യമാണ് പരിണമിച്ചുകൊണ്ടിരിക്കും കാരണശരീരമായ കാരണശരീരം ആ കാരണശരീരം സുഷുപ്തിയിൽ കാണുന്ന കാരണശരീരമുണ്ടോ ഉണ്ടല്ലോ അതിന്റെ പ്രവൃത്തിരഹിതമായ ഉറക്കവും അവിടെ ഏർപ്പെടുന്ന സമാധിയും അനിത്യമാണ് അതൊക്കെ തന്നെ അനിത്യമാണ് കാരണം സൂക്ഷ്മം സ്ഥൂലം ഈ ശരീരങ്ങളുടെ മൂന്ന് പ്രവർത്തിയാണ് കർമ്മം ചിന്താ സമാധി ഈ മൂന്നും ആത്മാവിനതുകൊണ്ട് പ്രയോജനമില്ല അത് മൂന്നിനും സാക്ഷിയായി നിൽക്കുന്ന ബോധമാണ് പ്രജ്ഞയാണ് സ്ഥൂല ശരീരത്തിന്റെ കർമ്മവും യഥാർത്ഥമായ എന്റെ സ്വരൂപത്തിനെ ബാധിക്കുന്നില്ല സൂക്ഷ്മ ശരീരമായ മനസ്സിന്റെ ചിന്തകളും യഥാർത്ഥമായി എന്റെ സ്വരൂപത്തിനെ ബാധിക്കുന്നില്ല കാരണ ശരീരത്തിന്റെ ഉറക്കം സമാധി ചിത്തവൃത്തി നിരോധം മുതലായിട്ടുള്ളതൊന്നും തന്നെ യഥാർത്ഥമായ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ ശിവം ആയ എന്നെ ബാധിക്കുന്നില്ല ഇതൊക്കെ ചലിക്കുന്നു ഞാൻ നിശ്ചലമായ അധിഷ്ഠാനമായി ഇതിന് പുറകിൽ ഇരിക്കുന്നു ഈ നിശ്ചലമായ അധിഷ്ഠാനത്തിനെ ഈ ചലിക്കുന്നതൊന്നും ബാധിക്കുന്നില്ല ആ നിശ്ചലമായി നിൽക്കുന്ന വസ്തുവാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്നുള്ളതുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത് ആ ജനനമില്ല മരണമില്ല നമേ മൃത്യുശങ്ക നമേ ജാതിഭേദ പിതാ നൈവേ നൈവ മാതാ ചന്മാ നന്ധുർണ മിത്രം ഗുരുന ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം നമേ മൃത്യുശങ്ക മരണമുണ്ടാകുമോ എന്നുള്ള ശങ്ക എനിക്ക് അല്പവുമില്ല പരീക്ഷത്തിന് ആ ശങ്ക ഉണ്ടായതുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് ഗംഗാതീരത്തിൽ ചെന്നിരുന്നു സുഖബ്രഹ്മ മഹർഷി ഏഴു ദിവസം കഥ പറഞ്ഞിട്ട് ഏഴാമത്തെ ദിവസം പറഞ്ഞു രാജാവേ അങ്ങയ്ക്ക് മരണം ഉണ്ട് എന്നുള്ള ശങ്കയുണ്ടല്ലോ അത് അജ്ഞാനമാണ് പശുബുദ്ധിയാണ് അതിനെ ത്യജിക്കും ത്വം രാജൻ മരിഷ്യേതി പശുബുദ്ധിമിമാം ജഹി രാജാവേ അങ്ങ് മരിക്കും എന്നുള്ള ഈ അജ്ഞാനം പശുബുദ്ധിയെ വലിച്ചെറിയും എന്നുവെച്ചാൽ അങ്ങക്ക് മരണമില്ല എന്തുകൊണ്ട് മരണമില്ല ജനിച്ചത് ശരീരം അതിന് മരണമുണ്ട് അങ്ങ് ജനിച്ചിട്ടേലോ ജാതഹാത്വം പ്രാഗഭൂതോദ്യ ദേഹവത്വം എന്ന അക്ഷ്യസി അങ്ങക്ക് ദേഹമേ ഇല്ല अंग अनेह अलिया इन रिम नल चिज्ज ग्रंथि और अहंकार पीटमें आत्मबोधम आत्मा देहबोधवी इन रि नल अभिमान रूपया अहंकार पीटा കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കണത് ഈ അഹങ്കാരത്തിനെ മൂലത്തിൽ അടക്കിയാൽ ദേഹം മരിച്ചുപോകും ഞാൻ സ്വതന്ത്രനായിരിക്കും ഒരാൾക്കും അതുകൊണ്ട് ഈ ലോകത്തിൽ ആർക്കും തന്നെ അവരവരും മരിക്കുമെന്നുള്ള വിചാരമേ ഇല്ല കാരണം എന്താ ഉള്ളിലെ എല്ലാവരുടെ ഉള്ളിലെ അനുഭവ സ്വരൂപമായ വസ്തു പറയണോ എനിക്ക് മരണമില്ല മരണമില്ല പക്ഷെ ശരീരത്തിൽ നിൽക്കുമ്പോൾ മരണമുണ്ട് ശരീരത്തിൽ നിൽക്കുമ്പോൾ മരിക്കും എന്ന് തോന്നും ശരീരാഭിമാനം മൃഗങ്ങൾക്ക് ശരീരാഭിമാനവും ഇല്ല നമ്മളെപ്പോലെ അവർക്ക് ആത്മജ്ഞാനവും ഇല്ല ശരീരാഭിമാനവും ഇല്ല അതൊരു പ്രത്യേകതര അവസ്ഥയിൽ അതുകൊണ്ട് ഒരു പോത്തിനെ വെട്ടുമ്പോൾ മറ്റൊരു പോത്ത് അടുത്തുനിന്ന് നോക്കിക്കൊണ്ടിരിക്കും അവർക്ക് മരിക്കും തോന്നുന്നില്ല നമ്മൾക്കും ിമാനം വരുമ്പോ മരണത്തിനെക്കുറിച്ച് പേടി എത്ര കണ്ട് ദേഹാഭിമാനമുണ്ടോ അത്ര കണ്ട് പേടിയുണ്ടാവും പക്ഷെ നമ്മളുടെ സ്വസ്വരൂപത്തിൽ മരണചിന്തയെ ഇല്ല ഞാനുണ്ട് എന്നുള്ള അനുഭവത്തിൽ മരണചിന്തയെ ഇല്ല അതാണ് നമേ മൃത്യുശങ്ക മൃത്യുവിനെക്കുറിച്ചുള്ള ശങ്കയേ ഇല്ല എന്നാണ് ജാതി ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ സ്ത്രീ പുരുഷൻ ഇതൊക്കെ ജാതിയാണ് ई जातिदाभि आश्रु समूहल अद स्वस्वरूप बाधि नमे जातिद पितामे अच्छ अम्म नमाता पितावान देवान लोका पितामे अच्छे शरीर एचन अम्मे യഥാർത്ഥ സ്വരൂപത്തിൽ മാതാ നാസ്തി പിതാ നാസ്തി നാസ്തി ബന്ധു സഹോദര അത് ഗൃഹം നമ്മളുടെ സ്വസ്വരൂപത്തിൽ ബോധത്തിൽ ഇതൊന്നുമില്ല പിതാ നൈവമേ നൈവ മാതാ എന്തുകൊണ്ടില്ല ന ജന്മ ഞാൻ ജനിച്ചിട്ടേ ഇല്ലല്ലോ അതുകൊണ്ടാണോ കുട്ടികൾ ചോദിക്കുന്നതേ ഞാൻ ജനിക്കുന്നതിനു മുമ്പ് എവിടെ ഉണ്ടായിരുന്നു അമ്മയുടെ അപ്പൊ എപ്പോഴും ഞാനുണ്ട് എന്നുള്ളൊരു ഭാവം അവരുടെ ഉള്ളിലുണ്ട് അതിനു മുമ്പ് എവിടെയുണ്ട് അപ്പോ ഞാനില്ല നീ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ അവരുടെ അന്തരാത്മാ സ്വീകരിക്കില്ല ഞാനില്ലാത്തൊരു സ്ഥിതിയോ എപ്പോഴും ഉണ്ട് എന്ന് അനുഭവപ്പെടുന്നത് എങ്ങനെ ഇല്ലാതായിട്ട് തീരും ഉണ്ട് എന്നുള്ള എക്സിസ്റ്റൻസ് നോൺ എക്സിസ്റ്റന്റ് ആവുമോ സത്ത അസത്തായിട്ട് മാറുമോ നാസത്തോ വിദ്യതേ ഭാവോ വിദ്യതേ സത് ുണ്ട് എന്നുള്ള അനുഭവമുണ്ടല്ലോ അപ്പൊ അതിനെവിടെ ജന്മം ശരീരം ജനിച്ചു ശരീരം ഗർഭപാത്രത്തില് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ജനിക്കുന്നത് ശരീരം ആദ്യം ചെറിയ ഒരു കലലം തുകരാത്രേണ് പഞ്ചരാത്രേണ് ബുദ്ഭുതം ദശാഹീനത്തു കർക്കന്തു ഭാഗവതം പറഞ്ഞു പതുക്കെ പതുക്കെ പതുക്കെ ഒരു പൊട്ടായി വളർന്നു ഒരു കുമിഴി കുമിളിയായിട്ട് ഒരു കുമിളയായിട്ട് വളർന്നു ഒരു പന്തുപോലെ വളർന്നു പതുക്കെ പതുക്കെ തല കയ്യ് കാല ഓരോന്നായി വന്നു വന്നു വന്നു വന്നു വന്നു അല്പം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ആലോചിച്ചാൽ മനസ്സിലായി ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ ഞാൻ എന്നുള്ള അനുഭവം അല്പ അല്പമായിട്ട് ആർക്കെങ്കിലും എവിടെയെങ്കിലും അതിൽ കലകൾ തോന്നുന്നുണ്ടോ ഞാൻ ഇത്തിരി ഇത്തിരിയായിട്ടുണ്ടാവുമോ ഞാൻ എപ്പോഴും ഉള്ള പൂർണ്ണ വസ്തു എന്റെ ചുറ്റും ഈ കയ്യും കാലും തലയും മനസ്സും ഹാർട്ടും ബ്ലഡ് വെസൽസും നാടികളും ഞരമ്പുകളും ഒക്കെ ഒന്ന് ഒട്ടിച്ചേർന്നു അത്രയോ പക്ഷെ അത് എന്നെ സ്പർശിച്ചിട്ടേ ഇല്ല അതെങ്ങനെ ഇന്റഗ്രേറ്റഡായോ അങ്ങനെ ഡിസിന്റഗ്രേറ്റഡ് ആവും എങ്ങനെ ചേർന്നുവോ അങ്ങനെ പെരിഞ്ഞു പോകും ഈ ശരീരം ഞാനാണെന്ന് കരുതിയതോടുകൂടെ ശരീരത്തിന് ബന്ധുക്കള് ശരീരത്തിന് കൂട്ടുകാര് ഗുരു ശിഷ്യൻ എല്ലാം വന്നു രത്തോപദേശം ശരിക്കും പാലിച്ചാൽ ഗുരു ശിഷ്യൻ പോലും പോയിപ്പോ കണ്ണുടേ വെള്ളലാർ ആ ഒഴിവിലൊടുക്കത്തിൽ അദ്ദേഹം പറയുന്നു ശിഷ്യനെ ഉപദേശിച്ചു ഗുരു ഉപദേശിച്ചു കഴിഞ്ഞ് ശിഷ്യൻ ചോദിച്ചു ഞാൻ അങ്ങക്ക് എന്ത് നിഷ്കൃതി ചെയ്യും എന്ത് തിരിച്ചു തരും ഗുരു പറഞ്ഞു തിരിഞ്ഞു നോക്കാതെ നടക്കുക എന്നാണ് അതാണ് ഏറ്റവും വലിയ നിഷ്കൃതി ഇവിടെ നിന്നിട്ട് ഗുരുസേവ ചെയ്യാമെന്ന് പറഞ്ഞ് പൂജിച്ചു നിൽക്കാതെ തിരിഞ്ഞു നോക്കാതെ നടക്കൂ എന്നാണ് എന്നുവെച്ചാൽ ആ ഭേദം പോലും അംഗീകരിക്കാൻ പാടില്ല ആ ഭേദം അംഗീകരിച്ചാൽ പോലും ദുഃഖിക്കേണ്ടി വരും അപ്പോ ന ബന്ധുർണ മിത്രം ഗുരുർ നൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം പൂർണ്ണമായ ബോധവസ്തുവാണ് ചിദാനന്ദ രൂപമായ ശിവമാണ് പ്രജ്ഞയാണ് ആത്മാവാണ് അതിന് ജനനമരണങ്ങളില്ല സുഖദുഃഖാദികളില്ല കർമ്മം അകർമ്മം ശോകം മോഹം അജ്ഞാനം ഇതൊന്നും തന്നെ സ്വസ്വരൂപത്തിനെ സ്പർശിക്കുന്നില്ല എന്റെ സ്വസ്വരൂപത്തിനെ സ്പർശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്നവരിലും വാസ്തവത്തിൽ ഇതൊന്നും ഇല്ല എന്ന് കാണുകയാണെങ്കിൽ എല്ലാവരിലും ഭഗവാനെ കാണൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും എല്ലും പുറമേക്ക് രാഗം ദ്വേഷം ഈ ദോഷങ്ങളൊക്കെ കാണുകയാണെങ്കിലും ഈ ദോഷമൊന്നും വാസ്തവമല്ല എന്ന് കണ്ട് ഓരോരുത്തരെയും നമുക്ക് ചിദാനന്ദ രൂപ വസ്തുവായി കാണാമെങ്കിൽ അവരെയൊക്കെ ഭഗവാനായി കാണുന്നത് എങ്ങനെ എന്ന് നമുക്ക് മനസ്സിലാവും അത് ലോകത്തില് ഭഗവത് കാണുന്ന ഭക്തി സർവഭൂതേഷു എഫ് പശ്ചിത് ഭഗവത്ഭാവം എങ്ങനെ കാണും പലരും ചോദിക്കും എങ്ങനെ കാണും അവരെ കണ്ട ഉടനെ അവർ കള്ളന്മാരാണ് അവര് ചതിയന്മാരാണ് അവര് ദേഷ്യമുള്ള ആളാണ് അസൂയ ഉള്ള ആളാണ് ഇങ്ങനെയല്ലാതെ നമുക്ക് തോന്നണില്ല കാരണം നമ്മൾ ദൃഷ്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പുറമേക്ക് കാണുന്നത് അതാണ് പക്ഷെ അവരിലെ കള്ളത്തരവും അവരിലെ ചതിയും അവരിലെ ദ്വേഷവും കാണുന്നതുകൊണ്ട് അവർക്ക് ഒരു കുഴപ്പവും ഇല്ല അവരെ കാണുമ്പോ ആത്മദർശനം ഏർപ്പെട ആത്മദർശനം ഉണ്ടാവുമ്പോൾ ഉള്ള ആനന്ദം നമുക്ക് നഷ്ടമാവും നമുക്ക് നഷ്ടമാവും വേറെ ആർക്ക് നഷ്ടം വേറെ ആർക്ക് നഷ്ടമൊന്നുമില്ല അന്ന് പറഞ്ഞ പോലെ സുബ്രഹ്മണ്യനെ കാണാൻ അമ്പലത്തിൽ പോയി പൂജാരിയെ കണ്ടിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടുവന്നാൽ സുബ്രഹ്മണ്യൻ എന്ത് നഷ്ടം എനിക്ക് നഷ്ടം കാണാൻ പോയത് മുരുകനെയാണ് അവിടെ അവിടെ കണ്ടത് എന്താ ഒരു പൂജാരിയെ കണ്ടു അയാൾ കാണിച്ചതൊക്കെ കണ്ടിട്ട് അതൊക്കെ കണ്ടിട്ട് വന്ന അയ്യേ ഇക്കാലത്ത് അമ്പലങ്ങളൊന്നും ശരിയില്ല ചിലരും മെനക്കിട്ട് കാശിക്ക് പോകും കഷ്ടപ്പെട്ട് മൂന്ന് ദിവസം കൊച്ചിൻ വാരണാസി എക്സ്പ്രസ് അതിനേക്കാളും എല്ലാം കുമ്പി ഭാഗം പോയി കിടക്കാം ഇത്ര വിഷമിച്ചു ഒക്കെ പോകും എല്ലാം പോയി വിഷമിച്ച് അവിടെ പോയി കാശിയിൽ പോയി എന്നാൽ ആ ഗംഗാ വിശ്വനാഥനൊക്കെ ദർശിച്ച് ആനന്ദമായി തീർത്ഥക്ഷേത്രം എന്നുള്ള ഭാവത്തോടെ ധ്യാനിച്ചുകൊണ്ട് വന്നാൽ പോയതിനു പ്രയോജനമുണ്ട് പോയിട്ട് വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു അയ്യെ ഒന്നും പോവാൻ കൊള്ളില്ല ഒക്കെ വൃത്തികേട് അവിടെ പണ്ടാസും പൂജാരികളും അവരൊക്കെ സ്വാർത്ഥമായിട്ട് തട്ടിപ്പറിക്കുന്നു ഗംഗയിലൊക്കെ ഡിച്ച് വാട്ടർ വീഴുന്നു ഇതൊക്കെ കാണാനാണ് പാവം ഇത്രയും മെനക്കിട്ടിട്ട് കാശിക്ക് പോയത് എന്ത് പ്രയോജനം ആർക്കാണ് ഇപ്പോ ഇപ്പൊ നഷ്ടം ഒന്നിൽ പോവാതിരിക്കണം അല്ലെങ്കിൽ പോവുകയാണെങ്കിലോ മുമ്പേ പ്രതിജ്ഞ എടുക്കണം ഇവിടുന്ന് പോകുമ്പോഴേ ആ തീർത്ഥക്ഷേത്രത്തിനെ തീർത്ഥക്ഷേത്രമായിട്ട് കാണും എന്ന് പ്രതിജ്ഞ എടുത്താലേ നമ്മൾ പോയതിന് പ്രയോജനം അതേപോലെ ലോകത്തിലും ഒന്നിൽ ആരുമായിട്ടും വ്യവഹരിക്കാതിരിക്കുക അല്ലെങ്കിൽ വ്യവഹരിക്കുകയാണെങ്കിൽ വ്യവഹരിക്കുന്നവരിലൊക്കെ ഞാൻ മെനക്കെട്ടിട്ടാണെങ്കിലും എന്ന് പറഞ്ഞ പോലെ സ്വർണം കുഴിച്ചെടുക്കുന്ന പോലെ ടൺ കണക്കിന് ചളി പുറത്തെടുത്തിട്ടിട്ട് കുറച്ച് ഗ്രാം സ്വർണമേ കിട്ടുള്ളൂവെങ്കിലും ചളിയെ ശ്രദ്ധിക്കാതെ സ്വർണത്തിനെ ശ്രദ്ധിക്കുന്ന പോലെ ഞാൻ ഓരോ ശരീരത്തിലും ഉള്ള ചൈതന്യത്തിനെ ബോധത്തിനെ ശ്രദ്ധിക്കും ആ ബോധത്തിനെ മാത്രം ഞാൻ ശ്രദ്ധിക്കും എന്നൊരു പ്രതിജ്ഞ എടുക്കുന്നു യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂത് വിജാനത തത്ര കോഹ ക ശോക ഏകത്വം അനുപശ്യേതൊരുത്തനിൽ സർവഭൂതങ്ങളും ആത്മാവായി ജ്വലിക്കുന്നുവോ അവന് മോഹമെവിടെ ശോകമെവിടെ ഒരേ വസ്തുവിനെ കാണുന്നതുകൊണ്ട് യസ്തു സർവാണി ഭൂതേവ അനുപശ്യത്തി സർവഭൂത ആത്മാനം തോന്നുസത്തെ ഏതൊരുത്തൻ സർവഭൂതങ്ങളിലും ആത്മാവിനെ കാണുന്നു അവൻ പിന്നെ ആരെയും വെറുക്കുന്നില്ല അങ്ങ് തന്നെ തന്നെ കാണുമ്പോൾ ആരെങ്കിലും വെറുക്കുമോ തന്റെ തന്നെ സ്വരൂപം കാണുമ്പോൾ എങ്ങനെ വെറുക്കും വെറുക്കാൻ എങ്ങനെ സാധിക്കും എല്ലാവരിലും ഇതേ ചൈതന്യം ഇതേ ശിവം ഒരേ ശിവത്തിനെ കാണുമ്പോ വെറുപ്പൊന്നും ഉണ്ടാവില്ല അപ്പോ ഇത് സാധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ധ്യാനമൊന്നും വേണ്ട നാരായണനാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു ഒരേ ഒരു പാട്ട് ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ യാതൊന്നു കാണതത്തു നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ യാതൊന്നിതൊക്കെ ഹരിനാരായണായനമ അദ്വൈതദർശനം കാണുന്നതൊക്കെ നാരായണ സ്വരൂപം ആളുകൾ പലതും പറയും ചെവിയിൽ വീഴും ആ ശബ്ദത്തിനൊക്കെ ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ നാരായണ നാമം എന്നാണ് അതിനർത്ഥം കൽപ്പിക്കാതെ രക്ഷപ്പെടുക നമ്മൾ അർത്ഥം കല്പിച്ച് പലതിനും കുടുങ്ങുവല്ലോ ശബ്ദത്തിനൊക്കെ ഒരേ ഒരു അർത്ഥം അങ്ങനെ സാധിക്കുമെങ്കിൽ രക്ഷപ്പെട്ടു ഏകനാഥസ്വാമിയെ ഒരാൾ ഒരു മണിക്കൂർ നേരം വീട്ടുമുമ്പിൽ വെച്ച് ചീത്ത പറഞ്ഞപ്പോ ഒരു മണിക്കൂർ കഴിഞ്ഞ് സ്വാമികൾ ഒരു ചൊമ്പിലും പാലും കൊണ്ടുവന്ന അയാൾക്ക് കൊടുത്ത് എത്ര നേരം എന്റെ വീട്ടിനു മുമ്പിൽ വന്നിരുന്ന് അങ്ങ് നാമസങ്കീർത്തനം ചെയ്തു ഇത് കുടിക്കുക എന്ന് പറഞ്ഞു അത്രയും അപ്പൊ ആ ശബ്ദത്തിന് അദ്ദേഹം വേറെ അർത്ഥമൊന്നും കൽപ്പിച്ചില്ല അപ്പൊ എന്റെ മുമ്പിൽ വന്ന ഒരാൾ എന്നെ തെലുങ്കിൽ ചീത്ത പറഞ്ഞാൽ എനിക്കെന്തറിയും ഞാൻ വിചാരിക്കുമോ പ്രഭാഷണം നന്നായിട്ടുണ്ടോ എന്ന് പറയുകയാണെന്ന് വിചാരിക്കും അർത്ഥമൊക്കെ നമ്മൾ ഉണ്ടാക്കണതല്ലേ ഇപ്പൊ കൊങ്കിണി ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞ ഒരു മണിക്കൂർ പ്രഭാഷണം ചെയ്താൽ എനിക്കൊന്നും മനസ്സിലാവില്ല ശബ്ദം അർത്ഥം അറിഞ്ഞാലല്ലേ ഉള്ളൂ അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ കുറെ ശബ്ദങ്ങൾ അത്രേ ഉള്ളൂ അപ്പൊ ആ ശബ്ദമൊക്കെ എന്താ എവിടെ ആ ശബ്ദമൊക്കെ പൊന്തി ഇപ്പൊ കൊങ്കണി ഭാഷയിൽ പ്രസംഗം നടത്തുന്നു ഞാൻ കേൾക്കുന്നു എനിക്ക് എന്ത് ചെയ്യാൻ ഒരു മണിക്കൂർ ഇരിക്കും അർത്ഥമൊന്നും മനസ്സിലാവില്ല ശബ്ദം മാത്രം മനസ്സിലാവുന്നു എന്ത് ചെയ്യും ആ ശബ്ദം എവിടെ പൊന്തി ഇയാൾ ഇങ്ങനെ പറയുന്നു ആ ശബ്ദം എവിടെ പൊന്തി ഹൃദയസ്ഥാനത്ത് നിന്നും പൊന്തി ആ ശബ്ദം പൊന്തുണന് മുമ്പ് മനസ്സിൽ ശബ്ദം വൃത്തി രൂപത്തിൽ ഉണ്ടായിരുന്നു ആ വൃത്തികൾ എവിടെ പൊന്തി ആത്മാവിൽ നിന്ന് പൊന്തി അപ്പൊ ഈ ശബ്ദം എന്താണ് ആത്മാവിന്റെ ശബ്ദരൂപമായ പ്രകടനം അത്രയേ ഉള്ളൂ ആത്മാവ് ശബ്ദരൂപത്തിൽ പ്രകടിക്കുക അപ്പോ അത് എത്ര അസഭ്യമായാൽ പോലും സഭ്യമായാലും അസഭ്യമായാലും നല്ലതായാലും ചീത്തയായാലും ആ വരുന്ന ശബ്ദം ശബ്ദ ആണ് ഇതറിഞ്ഞിട്ട് ഇനി ഒരു പക്ഷെ നമ്മളുടെ സ്വഭാവം കാരണം കറബറ കറബറ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും നമ്മൾ ഇപ്പൊ ഉച്ചരിക്കുന്ന ശബ്ദം കൊണ്ട് ആർക്കും ദൂഷ്യം ഉണ്ടാവില്ല വി ഡോണ്ട് മീൻ ഇറ്റ് നമ്മൾക്ക് ശബ്ദത്തിനോ അർത്ഥത്തിനോ പ്രാമുഖ്യം പോയിട്ട് അത് ബ്രഹ്മമയമായ ശേഷം ഇനിയിപ്പോ നമ്മളൊരാളെ ചീത്ത പറഞ്ഞാലും ഇന്നലെ പോലെ ഇന്നലെ പോലും ആരോ പറഞ്ഞുകൊണ്ടിരുന്നു ഒരു യോഗി എല്ലാരെയും തെറി വിളിക്കൂ അദ്ദേഹത്തിന്റെ അടുത്തൊരു മഹാത്മാ ചെന്ന് പേടിച്ചു പേടിച്ചിട്ടാ ചെന്ന് ഇദ്ദേഹത്തിന് തെറി വിളിക്കുക അടുത്ത് ചെന്നിട്ട് അങ് എന്താ ഇങ്ങനെ എല്ലാരെയും തെറി വിളിക്കണത് ഇദ്ദേഹം ഒരു രാമഭക്തനാണ് ഈ ചെന്ന് ചോദിച്ചത് നിങ്ങളെന്താ എല്ലാരെയും തെറി വിളിക്കണത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ തെറി വിളിക്കണതും നിങ്ങൾ രാമനാമം ചൊല്ലുന്നതും ഒന്നാണെന്നാണ് പല വിധത്തിലർത്ഥം അദ്ദേഹം അർത്ഥം കൊടുത്തത് ഞങ്ങൾ രാമനാമം തൊണ്ടയിൽ നിന്ന് പറയണു അദ്ദേഹം തെറി വിളിക്കുന്നു അവിടുന്ന് ഉള്ളൂ അവിടുന്ന് ചോട്ടലില്ല എന്നാണ് ആ അർത്ഥം കൊടുത്തു പക്ഷെ തോന്നുന്നത് തെറിയും ശബ്ദബ്രഹ്മമാണ് രാമനാമവും ശബ്ദബ്രഹ്മമാണെന്ന് ഒരാൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ ഒരു ശബ്ദവും ഇയാളുടെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തില്ല ഒന്നിനും അർത്ഥം കൊടുത്ത് ഇയാൾ വിഷമിക്കില്ല അപ്പൊ യാതൊന്നും കേൾപ്പതത്തു നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്തതു നാരായണാർച്ചനകൾ ഈ ശരീരം കൊണ്ട് എന്തൊക്കെ തന്നെ ചെയ്യേണ്ടി വന്നാലും ആ കർമ്മങ്ങളിൽ കർത്തൃത്വം ഭോക്തൃത്വവും ഇല്ലെങ്കിൽ ഞാൻ ചെയ്യണു എന്നുള്ള ഭാവമില്ലെങ്കിൽ അതൊക്കെ നാരായണ അർച്ചനകളായിട്ട് മാറും യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമം ഈ ഭാവം വെച്ചുകൊണ്ട് നാരായണ നാമം ജപിക്കാം ഈ ഭാവം വെച്ചുകൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രമല്ല നമുക്ക് ഭഗവാൻ ഒരു ഭാവത്തിൽ മാത്രമല്ല നമുക്ക് ഭഗവാൻ ഒരിടത്തിൽ മാത്രം ഒരു രൂപത്തിൽ മാത്രമല്ല സർവവും ഭഗവത് സ്വരൂപമായിട്ട് തീരും നമ്മൾക്ക് ബ്രാഹ്മീ സ്ഥിതി അനുഭവത്തിന് വരും ഭഗവാൻ പറഞ്ഞു ബ്രാഹ്മീ സ്ഥിതി നേടിയിട്ട് മരിച്ചാൽ അവര് സ്വതന്ത്രരായിട്ട് തീരും ബ്രാഹ്മീ സ്ഥിതി വെച്ചാൽ എന്താ എത്ര ന അന്യത് പശ്യത്തി ന അന്യത് ശൃണോത്തി ന അന്യത് വിജാനാത്തി ന അന്യത് അന്യത്ശതി സർവം ബ്രഹ്മൈവം സർവം ഐശ്വരമയം അപ്പൊ എന്താ ഇയാളുടെ മനസ്സ് എങ്ങോട്ട് പോയാലും എങ്ങോട്ട് ചലിച്ചാലും ആ ചലിക്കുന്നതൊക്കെ തന്നെ ഈ അനുഭവത്തിന്റെ ഉള്ളിലേ ചലിക്കാൻ പറ്റുള്ളൂ വേറെ എവിടെ ചലിക്കും എത്രയെത്ര മനോയാതി തത്രത്തത്ര സമാധയ എത്രയെത്ര മനോയാത്തി ബ്രഹ്മണ തത്ര ദർശനം മനസ്സ് എവിടെ പോയാലും പരമാത്മാവിന്റെ ഉള്ളിലാണ് ചലിക്കണത് ഭഗവാനിലാണ് ചലിക്കുന്നത് ഭഗവാനിലാണ് ഇരിക്കുന്നത് ഉള്ളത് ഭഗവാനാണ് കാണപ്പെടുന്നത് ഭഗവാനാണ് ചിന്തിക്കപ്പെടുന്നത് ഭഗവാനാണ് സൂക്ഷ്മമായ ചിന്തകളും സൂക്ഷ്മമായ അഹങ്കാര ചലനം മുതൽ പ്രപഞ്ചത്തിൽ കാണുന്ന സ്ഥൂല വസ്തുക്കൾ വരെ സകലത്തും സർവം ഖലു ഇതം ബ്രഹ്മ അത് തന്നെ സഹജനിർവികൽപ്പിതി ഹരി ഓം യോ മമാത്മാവസൈത്വമേവ തോ നാച്യം കിച്ചിദസ്തിയേഷ്ടം കൂരുമാത്മനം ഭ